തീരുമാനം നമ്മൾ അവസാനിപ്പിച്ചാണല്ലേ ഉം ഓർമ്മയുണ്ടോ ഉം ഉം ഉം അഭാവാതിരിക്ത പക്ഷം പക്ഷം മധ്യവ്യാപ്തി <mimitation> <imitation> അതോ അത്രയും കഴിഞ്ഞപ്പോ അനുമാനം കഴിഞ്ഞു അപ്പൊ ഹനുമാന ശുദ്ധമായി അനുമാനത്തിലൂടെ എന്താ ശുദ്ധമായി ഭാവം ഒന്നും എവിടെ വന്നു ഏാവി ലക്ഷണമൊന്നും പറഞ്ഞില്ലല്ലോ സാധ്യത്വത്തിലേ പറയുന്നത് ദേവദത്ത്വ നിഷ്ഠപ്രമാഭാവ അതിരിക്താനാദി ഇത്രേ പറയുന്നത് ഭാവമാകാം അനാദി എന്നും പറഞ്ഞു ഭാവിച്ച ഭാവം അനാദി ഇത്രയല്ലേ വരുന്നുള്ളൂ അതിന്റെ വ്യാഖ്യാനത്തില് ഏതുവരെ പറഞ്ഞു വ്യാഖ്യാനത്തിൽ എന്തോ പറഞ്ഞല്ലോ എന്താണ് ആ പിന്നെ ഒന്നു ദേവദത്ത പ്രമാണജ്ഞാനം എന്നുവെച്ച പ്രമ അതാണ് പക്ഷം ദേവതത്വ പ്രമ പക്ഷം ഏതനിഷ്ഠ പ്രമാണാഭാവത്വ അനധികരണം അനാദി നിവർത്തകം ഏത നിഷ്ഠ എന്ന് പറഞ്ഞാൽ ദേവതത്വനിഷ്ഠ പ്രമാണാഭാവം എന്ന് പറഞ്ഞാൽ പ്രമാഭാവം ദേവദത്തന നിഷ്ഠമായ പ്രമയുടെ അഭാവാധികരണം ഏതാണ് ആണോ ആലോചിച്ചു മനസ്സിലാക്കി മറുപടി പറയണം ദേവദത്ത നിഷ്ഠ പ്രമാഭാവധികരണം ഏവദത്തൻ ദേവദത്ത നിഷ്ഠപ്രമാ എന്ന് പറയുമ്പോൾ ദേവത തന്നെ ഇരിക്കും ആ പ്രമേയുടെ അഭാവം എന്ന് പറയുമ്പോൾ ദേവത തന്നെ വരും അത് ദേവദത്ത നിഷ്ഠ പ്രമാണ അഭാവം ഇനി അഭാവത്വധികരണേതെന്ന് നോക്കണം അഭാവത്വ അധികരണം ഏതാവും അഭാവവും ദേവദത്ത നിഷ്ഠ പ്രമ അഭാവം ദേവതത്തിന് വന്ന അഭാവം അതിൽ വന്ന അഭാവത്വം അഭാവത്വ അധികരണം എന്ന് പറയുമ്പോൾ ദേവതത്തിനിൽ വന്ന പ്രമ അഭാവം അപ്പൊ വരുന്ന പ്രമ അഭാവത്തിൽ വരുന്ന അഭാവത്വത്തിന്റെ അധികരണം ദേവതത്തിന് വരുന്ന പ്രമാഭാവത്തെയാണ് അപ്പൊ ദേവത്വ ിൽ വരുന്ന പ്രമ അഭാവത്തെ എടുക്കണമെങ്കിൽ ദേവതത്വനിഷ്ഠ പ്രമ അഭാവത്വ അധികരണം എന്ന് പറയുന്നു മനസ്സിലായോ ദേവതത്തിന് നിഷ്ഠമായ പ്രമാഭാവ പ്രമ അഭാവത്വ അധികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് ദേവതത്വനിഷ്ഠ പ്രമാഭാവം ദേവതത്വനിഷ്ഠമായ പ്രമയുടെ അഭാവത്തിൽ വരുന്ന അഭാവത്വത്തിന്റെ അധികരണം ദേവതത്തിനിൽ വരുന്ന പ്രമാഭാവമാണ് ഇനി അത് അനധികരണമെന്ന് പറഞ്ഞാലോ അഭാവത്വത്തിന്റെ അനധികരണം എന്ന് പറയുമ്പം എന്തായാലും ദേവദത്തനിൽ വരുന്ന പ്രമാഭാവത്തെ എടുക്കാൻ പറ്റില്ല പിന്നെ ഏതിനെ എടുക്കാൻ പറ്റും യജ്ഞദത്തനിൽ വരുന്ന പ്രമാഭാവത്തെ എടുക്കാം അനധികാരം എന്ന് എടുക്കാം പക്ഷെ നമ്മളിവിടെ എന്തിനാ എടുക്കുന്നു യജ്ഞദത്തനിൽ വരുന്ന പ്രമാഭാവത്തെടുക്കുന്നു അതെങ്ങനെയുള്ള അഭാവം ആണ് അടുത്ത് പറഞ്ഞത് അനാദി അനാദിയായ അഭാവത്തെ എടുക്കുന്ന അനാദിയായ അഭാവം എന്ന് പറയുമ്പോൾ വന്ന പ്രമയുടെ പ്രാഗഭാവം യജ്ഞത്തിനിൽ വന്ന പ്രമയുടെ ഭാവം അപ്പോ ഇത്രയും വരുമ്പോൾ ദേവദത്ത പ്രമാണജ്ഞാനം അത് പക്ഷമായി ഏത നിഷ്ഠ പ്രമാണ അഭാവത്വ അനധികരണം എന്ന് വരുമ്പം യജ്ഞദത്തനിൽ വന്ന ഒരഭാവം കിട്ടി അഭാവത്വ അനധികരണമായ അഭാവം ആ അഭാവം എന്തായി അനാദി എന്ന് പറഞ്ഞപ്പോ എന്തായി യജ്ഞദത്തനിൽ വന്ന പ്രാഗഭാവം എന്ത് പ്രാഗഭാവം പ്രമാപാകം ആ പ്രാഗാവത്തിന്റെ നിവർത്തകം ആ പ്രാഗഭാവത്തിന്റെ നിവർത്തകം എന്തായിരിക്കും യജ്ഞദത്ത നിഷ്ഠ പ്രമ അപ്പൊ പക്ഷം എന്തായി ദൃഷ്ടാന്തം എന്താണ് യജ്ഞദത്ത നിഷ്ഠ പ്രമ യജ്ഞദത്ത പ്രമ ഏതും എന്താണ് പ്രമാത്വം അപ്പൊ യജ്ഞദത്ത നിഷ്ഠ പ്രമയിൽ ഹേതുവായ പ്രമാത്വമുണ്ട് ആ പ്രമ യജ്ഞദത്ത നിഷ്ഠമായ അനാദിയായ യജ്ഞദത്ത പ്രമയുടെ പ്രാഗഭാവത്തിൻ്റെ നിവർത്തകവുമാണ് ഇത്രയും മനസ്സിലാക്കണം ഇവിടെ രണ്ടുപേരാണ് ദേവദത്തിനും യജ്ഞദത്തനും അപ്പൊ യജ്ഞദത്തന്നിരിക്കുന്ന പ്രമയുടെ പ്രാഗഭാവത്തിന്റെ നിവർത്തകമാണ് യജ്ഞ തന്നിരിക്കുന്ന പ്രമ ആ പ്രാഗഭാവം എന്ന് പറയുന്നത് അനാദിയാണ് ആ പ്രാഗാവം എന്ന് പറയുന്നത് ദേവത തന്നിരിക്കുന്ന പ്രമാഭാവ അനധികരണമാണ് ഇത്രയും വന്നു സംഗതി ക്ലിയർ യും വന്നു കഴിഞ്ഞാൽ കാര്യം മനസിലായി അത്രച്ച അഭാവത്വ അനധികരണം ഇത്യവലം എന്നുവെച്ചാ അഭാവത്വ അനധികരണം അത്രയും പറഞ്ഞാൽ പോരാ പിന്നെയോ അനാദിനവർത്തകം എന്താ പറഞ്ഞു അഭാവത്വ അനധികരണമല്ല ദേവതത്തന്നിരിക്കുന്ന പ്രമാ അഭാവത്വ അധികരണം ദേവതനിലെ പ്രമ അഭാവത്വ പ്രമാഭാവം ദേവതത്തന്നിരിക്കുന്ന പ്രമ അഭാവത്വ അധികരണം ദേവതത്തിനിരിക്കുന്ന പ്രമ അഭാവം അനധികരണം എന്ന് പറയുമ്പോൾ എന്തുമാകാം അതിന് വിശേഷിച്ച് പറഞ്ഞു എന്താണ് അനാദിയായ ഒന്ന് അനധികരണം അതിന്റെ നിവർത്തകമായിരിക്കണം അനാദിയായ ഒന്നിന്റെ നിവർത്തകമായിരിക്കണം എന്ത് യജ്ഞദത്ത പ്രമ ദേവദത്ത പ്രമ ഫസ്റ്റ് പ്രമ യജ്ഞദത്ത പ്രമ എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെക്കൻഡ് പ്രമെന്ന് പറയുന്നത് എന്താണ് അനാദി ആയിരിക്കണം അനധികരണമായിരിക്കണം പ്രമ അനാദി നിവർത്തകവുമായിരിക്കണം അനാദിയുടെ നിവർത്തകവുമായിരിക്കണം പിന്നെ ആ അനാദി എന്ന് പറയുന്നത് എന്തായിരിക്കണം പ്രമാത്വ അനധികരണുമായിരിക്കണം പ്രമ അഭാവത്വ അനധികരണമായിരിക്കണം പരമാധികാരണമല്ല പ്രമാ ഭാവത്വ അനധികണമായിരിക്കും പ്രമാ പ്രമാണ അഭാവത്വ അനധികണസ്യത് പ്രഭാവത്വ അനധികരണം എന്ന് പറയുന്നത് ദേവത്വത്തിൽ ഇരിക്കുന്ന പ്രമാഭാവത്തെ എടുക്കരുത് യജ്ഞത്തനി പോണം പ്രമാ ദേവദത്വനിഷ്ഠ പ്രമാ അഭാവത്വ അധികരണം എന്ന് പറഞ്ഞാൽ അത് ദേവദത്വുള്ള പ്രമാഅഭാവത്തിൽ വരും അത് വരാൻ പാടില്ല ദൃഷ്ടാന്തത്തെ സമന്വയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദേവദത്വനിഷ്ഠ പ്രമ അഭാവത്വ അനധികരണം അവിടെ പോകണം ആണ് പറഞ്ഞിരിക്കുന്നത് എന്ത് വിടെ പോയിനാദിനവർത്തകം ഇതേ അനാദിനിവർത്തകം എന്ന് പറയുമ്പോ പ്രാഗഭാവം ആദായ അർത്ഥാന്തരത അനാദിനിവർത്തകം എന്ന് പറഞ്ഞാൽ പ്രാഗഭാവം വരാമല്ലോ നമുക്കിവിടെ ഏതാ വേണ്ടത് ശരിക്കും അജ്ഞാനം കിട്ടണം വെറും ഇത്രമാത്രം പറയാണ് അനാദി നിവർത്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവതത്തിനിൽ തന്നെ വരുന്ന ജ്ഞാനത്തിൻ്റെ പ്രാഗഭാവ സാധ്യം അതുകൊണ്ടെന്ത് വേണം പ്രാഗഭാവമായതായ അർത്ഥാന്തരത അജ്ഞാനം ശ്രദ്ധിക്കാൻ പോയി പ്രാഗഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അർത്ഥാന്തരതും താർത്ഥം പ്രമാണ അഭാവത്വ അനധികരണം അങ്ങനെയായിരിക്കും പ്രമാ അഭാവത്വ പ്രമാഭാവമായിരിക്കാൻ പാടില്ല അതായത് പ്രമാഅഭാവം എന്ന് പറയുമ്പോൾ അത് ഏത് അഭാവമാകാം പ്രാഗഭാവമാകാം പ്രധംസ്വഭാവമാകാം അന്യോന്യഭാവമാകാം അത്യന്തം ഇവിടെ സിദ്ധാന്തത്തിൽ ഈ ഒരു അഭാവവും വരാൻ പാടില്ല സിദ്ധാന്തത്തിൽ അജ്ഞാനം കിട്ടണം പക്ഷെ അത് അഭാവമല്ല താർക്കീനെ സംബന്ധിച്ച് അജ്ഞാനം കിട്ടിയാലും കുഴപ്പമില്ല എന്തുണ്ടത് അഭാവമാണ് സിദ്ധാന്തിക്ക് അജ്ഞാനം വേണം ആ ജ്ഞാന അഭാവമുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് എന്താണ് പ്രമാണ അഭാവത്വ അനധികരണം എന്ന് പറയുന്നതാണ് അഭാവത്വ അധികരണം എപ്പോഴും അഭാവമായിരിക്കും അനധികരണം എന്ന് പറയുമ്പോൾ ഇവിടെ അഭാവത്തിൽ നിന്ന് ഭിന്നമായ ഒന്നിനെടുക്കാം പക്ഷത്തിൽ ദുഷ്ടാത്വത്തിന്റെ കാര്യമുണ്ട പറയുന്നത് പക്ഷത്തിൽ വരുമ്പം അധികരണം എന്ന് പറയുമ്പോൾ അഭാവത്തെ എടുക്കാൻ പറ്റൂ അനധികരണമെന്ന് പറയുമ്പം അജ്ഞാനത്തെ എടുക്കാം അജ്ഞാനത്തിലൂടെ അഭാവമായി സ്വീകരിക്കാത്തത് കൊണ്ട് അശ്വതി കേവലം അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും പ്രാഗഭാവത്തിൽ പോവും അതാണ് പറയുന്നത് അനാദി എന്ന് പറഞ്ഞ വ്യക്തിയെ പ്രാഗഭാവം ആദായ അർത്ഥാന്തൃത അഭാവത്വ അനധികരണം അപ്പൊ ഇവിടെ ഈ അഭാവത്വ അനധികരണം എന്ന് ചേർക്കുന്നതിന്റെ പ്രയോജനം അജ്ഞാനത്തെ പക്ഷത്തിൽ അജ്ഞാനം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷത്തിൽ പ്രാഗഭാവത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേവലം ഇത്രയും പറയണമെങ്കിൽ എന്താണ് അപ്രസിദ്ധവിശേഷണതും അപ്രസിദ്ധവിശേഷണം എന്നുള്ള ദോഷം വരും അതെങ്ങനെ പ്രമാണ അഭാവത്വ അനധികരണ അനാദിഹി ജ്ഞാനനിവർത്തി തേന അനംഗീകാരാ അങ്ങനെ ഒന്നിനെ തർക്കീന അംഗീകരിക്കത്തില്ല എങ്ങനെ ഉള്ളതൊന്നിനെ പ്രമാഭാവത്വ അനധികരണമായിരിക്കണം പ്രമാഭാവത്വ അധികരണമായി പ്രമാഭാവം അനധികരണവുമായി ഒരുപാട് സാധനങ്ങൾ കിട്ടും അങ്ങനെ ഒന്ന് പ്രസിദ്ധമാവും പക്ഷെ പ്രമാഭാവത്വ അനധികരണമായിരിക്കണം പിന്നെന്തായിരിക്കണം അനാദിയായിരിക്കണം പിന്നെന്ത് വേണം ജ്ഞാന നിവൃത്തി ആയിരിക്കണം മൂന്ന് കാര്യങ്ങൾ വരണം അപ്പോ പ്രമാഅ അഭാവത്വ അനധികരണമെന്ന് പറഞ്ഞപ്പോൾ അഭാവം ഒഴിവായി പിന്നെ അഭാവത്തെ എടുക്കാൻ പറ്റില്ല പിന്നെ അത് അനാദിയുമായി ജ്ഞാന നിവർത്തിയും എന്ന് പറയുമ്പോ ശുദ്ധാദ്യയെ സംബന്ധിച്ച് എന്താണ് അജ്ഞാനം കിട്ടി അജ്ഞാനത്തിൻ്റെ അതെല്ലാം യോജിക്കുന്നുണ്ടല്ലോ അത് അഭാവമല്ല അനാദിയാണ് ജ്ഞാന നിവൃത്തിയാണ് പക്ഷേ തേനാനംഗീകാരാ കാർഗുറി അങ്ങനൊരു സാധനം ഞങ്ങൾക്കില്ല എന്ന് പറയും അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും അതാണ് പിന്നെ അങ്ങനെ പറയാനുള്ള എന്താണ് എന്താണ് പ്രമാണ പ്രമാഭാവത്വ അനധികരണം അഭാവത്വ അധികരണമായി പ്രമാഭാവം അനധികരണമായി ആത്മാവ് അല്ലേ അനാദിയാണ് അത് ശരിയായി പക്ഷേ ജ്ഞാനനിവൃത്തിയം അവിടെ ശരിയാകത്തില്ല അപ്പം ഈ മൂന്ന് വിശേഷങ്ങളെ യോജിച്ച ഒന്നു തർക്കയെ സംബന്ധിച്ചിടത്തോളം അഭാവത്വ അധികരണമാണ് മനസ്സിലായോർക്കിനെ സംബന്ധിച്ച് ജ്ഞാനനിവൃത്യവും അനാദിയുമായ ഒന്നുണ്ട് പക്ഷെ അത് അഭാവത്വ അഭാവത്വ അധികരണമാണ് അനധികരണമാണ് അതാണ് അവിടെ പറയുന്നത് പ്രമാണാഭാവത്വ അനധികരണസ്യ അനാഥ്ഞാനനിവർത്തിയസ്യത്തേന അനംഗീകാരാദ്വർക്ക് സ്വീകരിക്കത്തില്ല ആത്മനിശ്ച നിവൃത്തിയത്വം അനംഗീകാരാദ് ഇനി ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം അവർക്കുണ്ട് പക്ഷേ അത് ജ്ഞാന നിവൃത്തിയല്ല അതാണ് അപ്രസിദ്ധ വിശേഷണത എന്ന് പറഞ്ഞത് സാധ്യ അപ്രസിദ്ധി എന്ന അപ്രസിദ്ധ വിശേഷ വിശേഷണമെന്ന് പറയുന്നു പക്ഷത്തില് വിശേഷണമാണ് സാധ്യ പ്രദോ ധൂമാ പറയുന്നിടത്ത് സാധ്യ വിശിഷ്ടമാണ് പക്ഷപ്പ പക്ഷത്തിൽ വിശേഷണമായി സാധ്യം അപ്പോൾ പറയുന്നു നമ്മള് വേറൊരിടത്ത് വേറൊരാളോട് ഒരു കാര്യം പറയുമ്പോ അത് ആദ്യ അയാളുടെ തത്വത്തിനനുസരിച്ച് പറഞ്ഞ് അയാളുടെ അംഗീകാരം വാങ്ങിയിട്ടേനെ നിഷേധിക്കാൻ പറ്റും എന്നുവെച്ചാൽ അവരുടെ പദാർത്ഥങ്ങളിൽ എവിടെയെങ്കിലും പെടുന്നതായിരിക്കണം പെടുത്തണം അപ്പൊ ഇതിപ്പോ എവിടെയെങ്കിലും പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉത്സാഹനം അവർക്കില്ല ഏജ്ഞാനം അഭാവവിലക്ഷണമായ അജ്ഞാനം അങ്ങനെ ഒന്നും അവർക്കില്ല അപ്പോ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അഭാവിലായ ഒരു അജ്ഞാനത്തെ അവർ സ്വീകരിക്കാനും പോകുന്നില്ല അത് നടക്കുന്ന കാര്യമില്ല പക്ഷേ നമ്മളീ ലക്ഷണത്തെ സമന്വപ്പിക്കാൻ ഒരു സാധനം കണ്ടെത്തിയാൽ മതി ഒരു സ്ഥലം കാണിച്ചു കൊടുത്താൽ മതി ഏ അവരുടെ ആ എന്ന് പറയാം അതിനാണ് കൂടെ ഒരു ഭയങ്കര ട്രിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ട്രിക്കാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നേരിട്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ എന്താണ് വളഞ്ഞ വഴി പ്രയോഗിക്കുക അതാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇനി അവരെ കൊണ്ട് അംഗീകരിക്കാൻ വേണ്ടി പറയും ഇത് നിങ്ങൾക്ക് സമ്മതമാണോ സമ്മതമാണ് ഇനി ഇത് സമ്മതമാണോ സമ്മതമാണോ ഇത് സമ്മതമാണോ സമ്മതമാണോ ശരി എന്നാ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ സമ്മതിച്ചു അതെങ്ങനെ അതിനുവേണ്ടി എന്ത് പറഞ്ഞു എന്നടുത്ത് പറയുന്നത് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം തദർത്ഥം ദേവദത്ത നിഷ്ഠ്യ ഇത് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കേണ്ടി വരും കണ്ടോ അതെങ്ങനെയാണ് അംഗീകരിപ്പിക്കുന്നതെന്ന് നോക്കുക ദേവദത്ത നിഷ്ഠ പ്രമാ അതൊക്കെ സമ്മതമാണോ ആണല്ലോ ശരി ഇനി പ്രമ അഭാവം സമ്മതമാണല്ലോ പ്രമാഭാവത്വം സമ്മതമാണല്ലോ അഭാവത്വ അധികരണം സമ്മതമാണല്ലോ അനധികരണം ആയതും അനാദിയായതും ജ്ഞാനനിവൃത്യമായതുമായ ഒന്നിനെ നിങ്ങളുടെ യജ്ഞദത്തനിൽ സ്വീകരിക്കുന്നുണ്ടോ ഉണ്ട് എന്നാൽ പ്രശ്നം തീർന്നു അപ്രസിദ്ധ വിശേഷണത മാറി ഇത് പറയുമ്പോഴല്ലേ തർക്കം എന്താണ് അനാദിയാണ് ജ്ഞാനനിവൃത്തമാണ് എന്നാൽ അഭാവത്വ അനധികരണമാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം മനസ്സിലായോ നയ്യായി ഒന്ന് സമ്മതിക്കാൻ പറ്റില്ല അനാദിയാണ് ജ്ഞാനനിവൃത്തിയമാണെന്നാൽ അഭാവത്വ അനധികരണമാണെന്ന് പറഞ്ഞാൽ അനാദി ജ്ഞാന നിവൃത്തിയും സ്വീകരിക്കും പക്ഷേ അഭാവത്വ അനധികരണം സ്വീകരിക്കുന്നു ഇപ്പൊ പറയുന്നു ദേവദത്തനിലുള്ള പ്രമ അതിന്റെ അഭാവം അതിൽ വരുന്ന അഭാവം അതിന്റെ അനധികരണം നിങ്ങളൊന്ന് സ്വീകരിക്കുമോ അത് റെഡിയാ ശരി എന്ന അനധികരണമായിട്ട് ഞങ്ങൾ പറയുന്നതിന് നിങ്ങളെടുക്ക ഏതാണ് യജ്ഞദത്തുള്ള പ്രമപ്രാഗഭാവം സ്വീകരിച്ചല്ലേ പറ്റൂ ഇനി നോക്കുക ആ പ്രാഗാവം ഞാൻ നിവൃത്തിമാണോ സ്വീകരിച്ചു അപ്പോ സാധ്യത്തെ അദ്വൈതി പറയുന്ന സിദ്ധാന്തമായ അജ്ഞാനരൂപത്തിലല്ലെങ്കിലും അവിടെ ജ്ഞാനനിവൃത്തിയമായ പ്രാഗഭാവം എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നു അപ്പോൾ യജ്ഞദത്തനിൽ എന്താ ഈ സാധ്യം പ്രസിദ്ധമായ അജ്ഞാനമല്ല പ്രസിദ്ധമായത് ഞങ്ങളീ പറഞ്ഞ സാധനം പ്രസിദ്ധമായി പറയുന്നു ഈ സാധനം തന്നെയാണ് ഞങ്ങൾ എന്തു പറയുന്നത് പക്ഷത്തിൽ സമർദ്ദിക്കുന്നത് അപ്പം ദൃഷ്ടാന്തത്തിൽ സാധ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ബലാൽ പക്ഷത്തിലും കാരണം ദൃഷ്ടാന്തത്തിൽ സാധ്യത്തെ ചോദിക്കുന്നു പ്രമാത്വമുണ്ടോ പ്രമാത്വമുണ്ടോ ഉണ്ടെങ്കിൽ പക്ഷത്തിൽ സാധ്യം അംഗീകരിച്ചു അപ്പോൾ പക്ഷത്തിൽ എന്താ സാധനം അതാണ് ഞങ്ങളുടെ അനുവചനീയ അജ്ഞാനം മനസ്സിലായത് ഇതാണ് എന്റെ ട്രിക്ക് പക്ഷ ദൃഷ്ടാന്തത്തിൽ അനുരോചനീയ അജ്ഞാനത്തെ സ്വീകരിക്കേണ്ട ആവശ്യം വന്നില്ല പക്ഷെ പക്ഷത്തിൽ വന്നപ്പോൾ അതിനെ വേണ്ടി ഉപയോഗിച്ച ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം സാധ്യത്തെ ദൃഷ്ടാന്തത്തിൽ ഒരു തരത്തിൽ സമന്വയിക്കുന്നു പക്ഷത്തിൽ വേറൊരു തരത്തിൽ സമന്വയിക്കുന്നു പർവ്വതനുമാൻ ദുമാ എന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല അവിടെ എന്ത് ചെയ്യുന്നു സാക്ഷാതായ വന്യ അവിടെയുണ്ട് എവിടെ ദുഷ്ടാന്ത സാക്ഷാത് വന്യ പക്ഷത്തിലുമുണ്ട് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇവിടെ അങ്ങനെയുണ്ട് ഇവിടെ വടിയും പിടിച്ചുകൊണ്ടാണ് പിള്ളേരെ മരുന്ന് കഴിപ്പിക്കും പോലെയാണ് കഴിക്കിട കഴിക്കട എന്ന് പറഞ്ഞ് സമ്മർദ്ദിപ്പിക്കണം എന്തുകൊണ്ട് ദൃഷ്ടാന്തത്തിൽ ബലപൂർവ്വകമായി സമ്മർദ്ദിപ്പിച്ചു ദൃഷ്ടാന്തത്തിൽ സമന്വയിപ്പിച്ചുകഴിഞ്ഞാൽ അവിടെ ഹേതുവിനെയും സാധ്യതയും അംഗീകരിച്ചു കഴിഞ്ഞാൽ സാമാന്യ നിയമം അനുസരിച്ച് പക്ഷത്തിനും അംഗീകരിക്കേണ്ടി പക്ഷെ ഇത് രണ്ട് രണ്ട് രീതിയിലാണല്ലോ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് സാധാരണ അനുമാനമല്ല മഹാവിദ്യ അനുമാനം എന്ന് പറയുന്ന ഇതാണ് മഹാവിദ്യയാണ് മഹാവിദ്യ അനുമാനം എന്ന് തന്ത്രശാസ്ത്രത്തിൽ നിന്ന് വന്നതാണ് എന്നാ പറയുന്നത് അത് ഇതിൻ്റെ ആമുഖം വായിച്ചു നോക്കിയാൽ അറിയാം ഹിന്ദി അറിയാം അല്ലെങ്കിൽ ഇന്ത്യ അറിയാം എന്നുള്ളൊരു വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം ബാക്കിയുള്ളൂ അങ്ങനെ ആയാലും അങ്ങനെ വന്നതാണ് ദശ മഹാവിദ്യ കേട്ടിട്ടുണ്ട് അതിൻ്റെ അതിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുന്നു ഇത് അതിൻ്റെ ഹിസ്റ്ററിയിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നമുക്കിത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ മഹാവിദ്യ അനുമാനം എന്ന് പറയുന്ന ഇതാണ് ഇത്രയും വളച്ചു കെട്ടി പറയുന്ന ആദ്യമേ ഇത് കേൾക്കുമെന്ന് തന്നെ നമുക്കൊരു സംശയം എന്തോ ഇതിനകത്തൊരു കൊന്നഷ്ട പരിപാടിയുണ്ടെന്ന് തോന്നുന്നു പിടികിട്ടത്തുമില്ല അല്ലേ ഞാനും ഇത്രയും കാലം അത് ഹൈഡ് ചെയ്ത് വയ്ക്കിയായിരുന്നു ഇന്ത് സീക്രട്ട് അല്ലല്ലോ വിദ്യ അല്ല അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് ദൃഷ്ടാന്തത്തിൽ ഒരു തരത്തിലും സമന്യിപ്പിച്ചും അവസാനം നിർബന്ധപൂർവം എന്ത് ചെയ്തു അംഗീകരിപ്പിച്ചു ഇതാണ് പക്ഷേ ഇതിനൊരു വലിയ ദൗർബല്യമുണ്ട് ആനയ്ക്ക് മർമ്മം ഉണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനെ ഭയങ്കര സാധനമാണെങ്കിലും അതിൻ്റെ മസ്തകത്തിൽ തന്നെ എന്തുണ്ട് അതിൻ്റെ മർമ്മമുണ്ട് അതിൽ തൊട്ട് കഴിഞ്ഞാൽ അവൻ ഇടത്തിയാനെ വലത്തിയാനെന്ന് പറയും അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യണം അതുപോലെ ഇതിനകത്തൊരു ഭയങ്കര ഒരു തകരാറുമുണ്ട് അതും തൽക്കാലം ഹൈഡ് ചെയ്ത് വയ്ക്കാം തീരുട്ടെ നല്ലൊരു ജിജ്ഞാസുണ്ടാകത്തുള്ളൂ ഇപ്പോഴേ എല്ലാം തുറന്നു പറഞ്ഞാൽ പിന്നെ അതിനൊന്നും ഒരു വിലയില്ല കഴിക്കും <playerly five hundred years ago> േ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ കണ്ടുപിടിക്കണം എന്താ ഇതിൻ്റെ തകരാറൊന്നുള്ളത് രഹസ്യമൊന്നുമല്ല സംഗതി പരസ്യമാണ് നിങ്ങളുടെ മുമ്പേ രഹസ്യമാക്കി തിളക്കാനും വയ്ക്കുന്ന മനസ്സിലായല്ലോ ഇതിൻ്റെ സംഗതി എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത് വിഷാന്തത്തിൽ ഒരു തരത്തിൽ എത്തിച്ചു സാധ്യത്തെ അവതരം പക്ഷത്തിൽ സാധ്യത്തെ അംഗീകരിക്കേണ്ടി വന്നു ആ പറയുന്ന സാധനമാണ് ഞങ്ങളുടെ ഇത്രേ പറയുന്നുള്ളൂ ദൃഷ്ടാന്തത്തിൽ സാധ്യത നിങ്ങൾ അംഗീകരിച്ചുള്ളൂ ഈ പറയുന്ന സാധനത്തെയാണ് ഞങ്ങളെന്തു പറയുന്നത് പക്ഷത്തിൽ അനാദി ഭാവവിലായ അഭാവവിലക്ഷണമായ അവിദ്യ എന്ന് ഇതാണ് ഇത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് വ്യക്ത വ്യക്തമാവണമെങ്കിൽ വ്യാഖ്യാനം നോക്കണം എന്ന് പറഞ്ഞതാണ് ആ അത് വ്യക്തമാകുന്നത് എന്താണ് അഭാവത്വ അനധികരണമെന്നുള്ള പ്രയോഗത്തിലാണത് നമുക്ക് വ്യക്തമാകുന്നത് അതാണ് വ്യാഖ്യാനങ്ങൾ എഴുതി ഇതുപോലെ എഴുതണമെന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും മലയാളിയാണ് ഇതിന് വ്യാഖ്യാനം എഴുതിയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാലോചിച്ച് നോക്കി ಯಾವುದೇ ಮಲಯಾಳಿ ವ್ಯಾಕರಣ ಇದೆ ಮಲಯಾಳಿಯಲೇ ಏನೋ ವ್ಯಾಕರಣ ಹೇಳಿಕೊಯ್ ಒನ್ನೂ ಬಿಡತ್ತಲ್ಲ ಬೆಂಗಳೂರು ಮಲಯಾಳಿದೆ ಈ ಪುಸ್ತಕವನ್ನು ಕೊಟ್ಟ ನಾವು ವ್ಯಾಕರಣ ಅಪ್ಪಾ ಸಂಸ್ಕೃತದಲ್ಲಿ ಅದು ವ್ಯಾಕರಣ ಏನು ಕಾರ್ಯ ಮನಸlaಕ್ಕೆ ಇದೆ ಹಿಂದಿಯಲ್ಲೂ ಹಾಗೇ ಮನಸlaಕ್ಕೆ ಇದೆ ಅನ್ನುವರು മലയാളത്തിലാണ് അടുത്ത കാലത്ത് എനിക്കൊരാളൊരു വേദാന്ത പരിഭാഷയുടെ ഒരു വ്യാഖ്യാനം കൊണ്ടുത്തന്നു മലയാളത്തിൽ അത് എഴുതിയ ആള് തന്നെ വളരെ ചാരിതാർത്ഥ്യപൂർവ്വകമായിത്തന്നു അത് രണ്ട് മൂന്ന് പേജ് വായിച്ചു കഴിയും മുമ്പേ തന്നെ എന്തു ചെയ്തു എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എന്നാലും ഇങ്ങനെ ഒരു കൊല ചതി ഈ ഗ്രന്ഥത്തിനോട് ചെയ്തല്ലോ അത് തന്നതാരാ അതിന്റെ എഴുതിയ ഗ്രന്ഥകാലം തന്നെയാണ് മലയാളികൾ കേൾക്കാൻ ഒഴിയും അങ്ങനെ പഠിക്കത്തില്ല ഇത് അദ്ദേഹം കേൾക്കുമെന്ന് അറിയത്തില്ല കോട്ടെ കേട്ടാ മനസിലാവും നേരിട്ട് പറയാമായിരുന്നണ്ടോ എന്ന് വിചാരിക്കും അന്ന് നേരിട്ട് പറയാൻ പറ്റില്ല നേരിട്ട് പറഞ്ഞാൽ എന്തു പറയും ഊഹായുള്ളൊരു വലിയ പണ്ടിതന്നും വേറെ ആരെയും ഇങ്ങനെയൊക്കെ പറയും നമുക്കൊരു പെശു പറ്റി എന്നുള്ള ഒരിക്കലും അത് സമ്മതിക്കത്തില്ല ഇനി ആരും എൻ്റെ പുറകെ ചോദിക്കരുത് ഏതാണോ വേദാന്ത പരിഭാഷ വേദാന്ത പരിഭാഷ എപ്പോഴെങ്കിലും നിങ്ങക്ക് പഠിക്കേണ്ട സന്ദർഭം വന്ന അപ്പം ഞാൻ പറയും മലയാളത്തിലുള്ള വേദാന്ത പരിഭാഷ ആരും വായിക്കണ്ടെന്ന് അപ്പം നിങ്ങക്ക് മനസ്സിലാവും ഏതാണെന്ന് ഇവിടെ എന്താണ് അതാണ് ഇവിടെ അത് പറഞ്ഞത് എന്താ പോവേ തഥർത്ഥം ദേവതത്തെ നിഷ്ഠായി അപ്പൊ ആ ദേവതത്തെ നിഷ്ഠ എന്നുള്ള പ്രയോഗത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ സാധ്യ എങ്ങനെയാണ് ദൃഷ്ടാന്തത്തിൽ വരുന്നതെന്നും എങ്ങനെയാണ് പക്ഷത്തിൽ വരുന്നതെന്നും വ്യക്തമാവും അതാണ് ധികരണം എന്ന് പറഞ്ഞാലാണ് നമുക്കത് ക്ലിയറാവുന്നത് അത് പറയാൻ കാരണം വെച്ചാൽ ദേവതത്തിനും ഉണ്ട് യജ്ഞതത്തിലും ഉണ്ട് സാധനം പക്ഷേ ദേവതത്വനിഷ്ഠമായ പ്രമയുടെ അഭാവം അതിൽ വരുന്ന അഭാവത്വം ആഭാവത്വത്തിൻ്റെ അനധികരണത്തിലുള്ള വിശേഷണം കൂടെ ചേർത്ത് എന്താണ് അത് അനാദിയുമാണ് ഞാനന്ന് വൃത്തിയോ അപ്പോൾ ഓടി ഓടി എവിടെ പോയി യജ്ഞതും പോയി വളച്ച് തിരിച്ച് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടെത്തിച്ചു ഏ താർക്ക ബൈ ഫോൾസ് ഇത് നിങ്ങൾ അംഗീകരിച്ചേ വിട്ടു ഏ അത് ആദ്യമേ പറഞ്ഞല്ലോ അപ്രസിദ്ധ വിശേഷണത പറഞ്ഞു പക്ഷെ ഇത് നിങ്ങൾ അംഗീകരിച്ചല്ലേ ഇതാണ് ഫോഴ്സിബിളായി ഒരാളെ കൊണ്ടൊരു കാര്യം അംഗീകരിക്കുന്നതിന് തർക്കത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അതില് ഇപ്പം സീക്രട്ടാക്കി വെച്ചിരിക്കുന്നു അതെ അത് അതാണല്ലോ ബുദ്ധി കൗശലം എന്ന് പറയുന്നത് അതൊക്കെയല്ലേ പ്രസിദ്ധമായ കഥയാണ് അത് അതിപ്പോ രഹസ്യം അല്ലേ അതിപ്പോ എന്തിനാ പറയുന്നത് അത് പരഹസിക്കാതെ ഇതിപ്പ നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളതാണ് പ്രധാന ഏ ആ അതുപോലെ തന്നെ ഒരു ചേച്ചിയാണ് നമ്മൾക്കിപ്പോ ഈ പറയുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ഇത് എന്താണ് ഈ പറയുന്ന ടീഗ വായിക്കാതെയും വ്യാഖ്യാനിക്കാതെയും വേണമെങ്കിലും മനസ്സിലാക്കാം വടക്കേന്ത്യയിലൊന്നും പഠിപ്പിക്കുമ്പോൾ ടീകും വ്യാഖ്യാനിച്ചെന്നും ആരും ഒരിടത്തും പഠിപ്പിക്കുന്നതായിട്ട് എനിക്കറിവില്ല നമുക്കല്ലാതെയും മനസ്സിലാക്കാം പിന്നെ കുറച്ചുകൂടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോ സംഗതി ക്ലിയറാകും അതുതന്നെ അടുത്തു പറയുന്നത് ഈ പറഞ്ഞ കാര്യം തന്നെ യജ്ഞത്തനിഷ്ടപ്രമാണേ ദൈവദത്തനിഷത്വസതി പ്രമാണഅത്വ അനധികുപ്രസിദ്ധമേവ സാധ്യമിതി നസിദ്ധവിശേഷണത സാധ്യവൈകല്യേ ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിരിക്കുകയാണ് യജ്ഞദത്ത നിഷ്ഠപ്രമാണേ എന്ന് പറയുമ്പോൾ നിഷ്ടാന്തത്തിലുള്ള ദൃഷ്ടാന്തത്തിൽ സാധ്യമെങ്ങനെ വരുന്നു എന്ന് പറയുന്നു ദേവദത്വനിഷ്ഠതി ദേവദത്ത നിഷ്ഠത്വം എന്ന് പറയുന്നത് ദേവദത്വനിഷ്ഠ പ്രമാണം പ്രമ പിന്നെ പ്രമാണ അഭാവം അതും ദേവദത്തന് വരുമല്ലോ പ്രമാണ അഭാവത്വം അത് അഭാവത്തിൽ നിന്നു പ്രമാണ അഭാവത്വ അധികരണം ദേവദത്തനായി അപ്പോൾ അഭാവ അധികരണ അനധികരണം യജ്ഞദത്തനുള്ള അപ്പോൾ ദേവദത്ത് നിഷ്ടമെന്നുള്ള പോയി അത് അനധികരണമായി യജ്ഞദത്ത് നിഷ്ട്രമാണഭാവം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യജ്ഞദത്തനിഷ്ടപ്രമാണേ ഹി ദേവദത്തനിഷ പ്രമാണഭാവത്വനധിക അനാദിഹേ താഗഭാവ അനാദിയായി എന്ത് യജ്ഞദത്ത നിഷ്ഠപ്രമാണപ്രാഗഭാവം അതാണ് യജ്ഞദത്തനിഷ്ഠപ്രമാണേ ഹി അനാദേത്തപ്രാഗഭാവം എന്ന് പറയുമ്പോൾ എന്തായി യജ്ഞദത്തനിഷ്ഠ പ്രമാണപ്രാഗഭാവ നിവർത്തകേ നിവർത്തകമായി യജ്ഞദത്തനിഷ്ഠപ്രമാണം സുപ്രസിദ്ധമേവ സാധ്യം ദുഷ്ടാന്തത്തെ സാധ്യം സുപ്രസിദ്ധമായപ്പോ സാധ്യത്തെ സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്താണ് അപ്രസിദ്ധ വിശേഷണമെന്നോ സാധ്യവൈകല്യമെന്നോ ഒന്നും പറയാൻ പറ്റില്ല അപ്രസിദ്ധ വിശേഷണം എന്ന് പറയുമ്പോ അങ്ങനെ ഇപ്പോ ഒരു സാധ്യമേ പ്രസിദ്ധമേ അല്ല ആകാശകുസുമെന്ന് പറഞ്ഞാൽ എന്താണ് അത് അപ്രസിദ്ധ വിശേഷണം ആകാശം കുസുമത്തെ സാധ്യമായി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ലോകത്ത് അങ്ങനെ ഒരു കുസുമില്ല പിന്നെ സാധ്യം പ്രസിദ്ധമാണ് പക്ഷേ സാധ്യം പക്ഷത്തിലില്ല അല്ലെങ്കിൽ ദൃഷ്ടാന്തത്തില്ല എന്ന് പറയുന്നതാണ് സാധ്യ വൈകല്യം സാധ്യമറിയാം നമുക്ക് ഭഞ്ഞി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പക്ഷേ അത് ഹൃദയത്തിൽ ഇല്ല അപ്പം ഇങ്ങനെ ഇതൊന്നും ഇതിനെ സംബന്ധിച്ച് പറയാൻ പറ്റത്തില്ല എന്ന് അല്ല രണ്ടും വേറെ വേറെ അപ്രസിദ്ധ വിശേഷം വരുന്നത് അങ്ങനെ ഒരു സാധ്യതക്കുറിച്ച് ആർക്കും അറിയില്ല താർക്കികം പറയും താർക്കീയം എങ്ങനെ പറയും ഞങ്ങളുടെ സപ്തപദാർത്ഥങ്ങളിലും ഇങ്ങനൊരു സാധനമില്ല ഏത് അഭാവഭിന്നമായ അജ്ഞാനം എന്ന് ഒരു സാധനമില്ല എന്ന് പറയും അപ്രസിദ്ധവിശേഷം ഇനി അങ്ങനെ ഉണ്ടെന്ന് വരട്ടെ നിങ്ങളുടെ പക്ഷത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ സാധ്യമിഷ്ടാന്തത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് സാധ്യ രണ്ടും ഇനി പറയാൻ പറ്റില്ല സാധ്യം പ്രസിദ്ധമായി ഞാന നിവർത്തിയമായല്ലോ അതാണത് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നെ പറയുന്നു പൂർവജ്ഞാന സുഖാദി വിവച്ചതായ അനാധിഗ്രഹണം ഇവിടെ അനാദി നിവർത്തകമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ യജ്ഞദത്തനിലെ ജ്ഞാനം കൊണ്ട് നിവർത്തിപ്പിക്കുന്നത് പൂർവ്വജ്ഞാനമാകാം അതേ അത് അനാദിയല്ലല്ലോ പിന്നെ താർക്കിമതം അനുസരിച്ച് ആത്മാവിൻ്റെ വിശേഷ ഗുണങ്ങൾ പൂർവ്വ ഗുണങ്ങൾ നിവർത്തിപ്പിക്കും ഒരു ഗുണം വരുമ്പോൾ പൂർവ്വ ഗുണത്തെ അത് അങ്ങനെയൊക്കെ നിയമങ്ങളനുസരിച്ച് സുഖാദികളെയും നിവർത്തിപ്പിക്കാം അതുകൊണ്ട് പറഞ്ഞാൽ അതൊന്നുമില്ല അനാദിയാണ് എന്ന് പറഞ്ഞതാണ് പൂർവജ്ഞാന് സുഖാദി പൂർവ്വജ്ഞാന് ഇതിൽ നിന്നൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വ്യവച്ചതായ അനാധിഗ്രഹണം ശരി അത്രയിരിക്കട്ടെ